നിർവചനമാർഗമാതുവിന്റെ അനുഗമിക്കുന്നതുകൊണ്ട് അർത്ഥത്തിനനുസരിച്ച് അർത്ഥത്തിനനുസരിച്ചിട്ടാണ് ബ്രഹ്മ ശബ്ദി ശുദ്ധത്വയോ പ്രതിയെ ബ്രഹ്മശബ്ദത്തിന്റെ അർത്ഥം നോക്കിയാണ് വിത്പത്തി വിത്പത്തി നോക്കാന്ന് വെച്ചാൽ ശബ്ദത്തിന്റെ ധാതു ഏതാണ് പ്രത്യയം ഏതാണ് ഇത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിത്യശുദ്ധത്വതയോ അർത്ഥ പ്രതിന്റെ നിത്യത്വം ശുദ്ധത്വം തുടങ്ങിയ അർത്ഥങ്ങൾ അതിൽ നിന്ന് കിട്ടും മനസ്സിലാക്കാം പ്രതീയന്റെ എന്നു പറഞ്ഞാൽ അത് മനസ്സിലാക്കുന്നു അനുഭവപ്പെടുന്നു എന്നർത്ഥം ബൃഹൃദയർ ധാതുവരർത്ഥാണോ ബൃഹുവിന്റെ അർത്ഥത്തിനനുസരിച്ച് അതാണ് ഭാവതികാരം പറയുന്നത് വൃദ്ധി കർമ്മി ബൃഹതിഹി വൃദ്ധികർമ്മ കർമ്മിച്ച ക്രിയ വൃദ്ധി എന്നുള്ള ക്രിയയാണ് ബൃഹധാതുവിന്റെ അർത്ഥം എന്നാണ് ഇപ്പൊ അതാണ് വൃദ്ധിയെന്ന് പറയുന്നത് ക്രിയാണ് പറയുന്നത് ധാതുക്കളുടെ അർത്ഥമല്ല ക്രിയയാണ് എല്ലാ ധാതുക്കളും ക്രിയയാണ് അതിന്റെ അർത്ഥമായി പറയും അതുകൊണ്ട് ബൃഹധാതുവിന്റെ അർത്ഥവും എങ്ങനെയുള്ള ക്രിയാണ് അത് പറയും വർദ്ധിക്കുന്നത് ബൃഹദേ വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിശായനം എന്നർത്ഥം അതിശയനം അതിശായനം രണ്ടും ഒന്നു എന്ന് പറഞ്ഞാൽ ഉത്കർഷം ആധിക്യം എന്ന് പറയുമ്പോൾ വലുതെന്നുള്ള അർത്ഥം കിട്ടും ബ്രഹ്മ എന്നുപറഞ്ഞാൽ ഏറ്റവും വലുതും എന്നുള്ള അർത്ഥം കിട്ടും അതിശായനം എന്ന് പറയുന്നത് അതിപ്പുറത്തുള്ള സീങ് ധാ അതിന്ന് ലുട്ട് പ്രത്യം വന്നുകഴിഞ്ഞാൽ അതിശയനമെന്ന് വരും അതില് എന്താണ് അതിശയനമേവ അതിശയനം സ്വാർത്ഥത്തിൽ അൺപ്രത്യം വന്നുകഴിഞ്ഞാൽ അതിശായനവും വരും അതിശയനം തന്നെ അതിശയനം അല്ലാണ്ട് നമ്മുടെ അർത്ഥവ്യത്യാസമുണ്ട് മലയാളത്തിൽ പറയുന്ന അതിശയം തന്നെ അപ്പൊ അതിശയം എന്ന് പറഞ്ഞ ഉത്കർഷം എന്നുള്ളതാണ് അപ്പോ ആധിക്യം എന്ന് പറയുന്ന മനുഷ്യന് അത്ഭുതത്തെ ഉണ്ടാക്കും അതുകൊണ്ടാണ് അതിശയം എന്ന് നമ്മൾ അത്ഭുതം എന്നുള്ള എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കുന്നത് തെറ്റൊന്നുമില്ല ചില മുറിവിദ്വാൻമാർ പറയും അതിശയനോന്ന് വെച്ചാൽ ആധിക്യം എന്നാണ് അർത്ഥം അതുകൊണ്ട് അതിശയം എന്ന് പറഞ്ഞാൽ അത്ഭുതമെന്നർത്ഥത്തിൽ പ്രയോഗിക്കാൻ പാടില്ല പറയും ഒരു കാര്യമില്ല അതിശയനം എന്നു പറഞ്ഞാൽ ഉത്കർഷം എന്ന് പറയുന്ന അത്ഭുതത്തെ ഉണ്ടാക്കുന്നുണ്ട് ബ്രഹ്മം എന്ന് പറയുന്ന അത്ഭുതം ബ്രഹ്മം അതിശായനം എന്നു പറഞ്ഞാൽ ഒരു അത്ഭുതമാണ് രണ്ടർത്ഥത്തിലും പ്രയോഗിക്കും വലുതെന്നുള്ള അർത്ഥത്തിലും അതിശയം എന്നുള്ള അർത്ഥത്തിലും അതിശേഷത്വം പ്രയോഗിക്കും അതിശയനം അത്ഭുതം അല്പവിദ്വാൻമാർ അത് പാടില്ല എന്നൊക്കെ ഇപ്പോൾ തെറ്റില്ലാത്ത മലയാളമൊക്കെ അതിനൊന്നും കാര്യമില്ല അതിശായനം അത്ഭുതം വലത് എന്നൊക്കെയുള്ള അർത്ഥം തന്നെ ഇപ്പം ബൃഹ് ധാതു നിന്ന് ബ്രഹ്മശബ്ദമുണ്ടായ അത്ഭുതം അതിശയം എന്നൊക്കെയുള്ള അർത്ഥം കിട്ടും അതുകൊണ്ട് തന്നെ തച്ചയ്തം അതി ആധിക്യം എന്ന് പറയുന്നത് ഇതിന്റെ ഉത്കർഷ അനവഛന്നമാണ് പരിമിതികളില്ലാത്തർത്ഥം അതിന് ഓരോ തരത്തിലുള്ള പരിമിതിയും ഇതിന്റെ മഹത്വം ഇതിന്റെ വ്യാപ്തി ഇതിന്റെ വൃത്തി ഇതിന്റെ എന്തു പറഞ്ഞാലും ശരി അതിനൊന്നും പരിമിതിയില്ല അതാണ് അനവഛിന്നു പറയും സാധപറയും ദേശ പരിച്ഛേദശൂന്യം ഒരു ദേശത്തുണ്ട് വേറെദേശത്തില്ല അങ്ങനെയല്ല ബ്രമു ഏതൊരു വസ്തുവിനെടുത്താലും ഒരു ദേശത്തിരുന്ന വേറെദേശത്തിരിക്കില്ല അത് ഞാനിപ്പോ ഇവിടെ ഇരിക്കുന്നു എനിക്ക് വേറെ സ്ഥലത്തിരിക്കാൻ പറ്റി ബ്രഹ്മം അങ്ങനെയല്ല എല്ലായിടത്തും ഇരിക്കുന്നു ദേശപരിച്ഛേദമില്ല ദേശപരിമിതി ഇല്ല അതിന് കാലപരിമിതിയില്ല എനിക്ക് കുറച്ചു കാലം കഴിഞ്ഞാൽ ഞാൻ ഇവിടെ കാണത്തില്ല കുറെ മുമ്പ് ഞാനിവിടെ ഉണ്ടായിരുന്നില്ല എനിക്ക് കാലപരിമിതിയുണ്ട് ബ്രഹ്മത്തിനങ്ങനെയല്ല കാലപരിമിതി ഇല്ല അത് എല്ലാ കാലത്തും ഉണ്ട് കാല അതീതമായിട്ടുണ്ട് ഇപ്പൊ കാലപരിമിതി വസ്തുപരിച്ഛേദം പുസ്തകത്തിന് പുസ്തകമായിട്ടിരിക്കാനേ പറ്റും മേശയായിരിക്കാൻ പറ്റില്ല മേശയ്ക്ക് മേശയായിരിക്കാനേ പറ്റൂ പുസ്തകമായിരിക്കാൻ പറ്റില്ല പരമത്തിലെല്ലാമായിരിക്കാൻ പറ്റും എന്ന് വച്ചാൽ വസ്തുപരിമിതിയാനില്ല ഇപ്പൊ ദേശകാല വസ്തുപരിമിതികളില്ലാത്താണ് എന്ത് അതുകൊണ്ടാണ് അത് അനവഛനം എന്ന് പറയുന്നത് പിന്നെ അവച്ഛിന്ന അവച്ഛേദം എന്ന് പറയുന്നത് ബാമതിയിൽ വേറെ അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു ബാമതികാരൻ അവച്ഛേദവാദിയാണെന്ന് പറയും വെച്ച പ്രതിബിംബവാദം എന്ന് പറഞ്ഞ ഒന്നുണ്ട് അതല്ല ഭാവധികാരം സ്വീകരിച്ചു പ്രതിബിംബവാദം എന്ന് പറയുന്നത് എന്താണോ ഈശ്വരന്റെ പ്രതിബിംബമാണ് ജീവൻ എന്ന് പറയുന്ന പ്രതിബിംബവാദം ഇനി ചില പ്രതിബിംബവാദത്തിൽ ഈശ്വരനും പ്രതിബിംബമാണ് ജീവനും പ്രതിബിംബണം എന്ന് പറയും പ്രതിബിംബം ഈശ്വരൻ അവിദ്യയിലുള്ള പ്രതിബിംബം ജീവൻ ചില അന്ധക്കരണത്തിലുള്ള പ്രതിബിംബമാണ് ജീവൻ ഇങ്ങനെ പല പല വാദങ്ങളുണ്ടെന്ന് വെച്ചാൽ അഭിപ്രായങ്ങളുണ്ട് അദ്വൈതത്തിൽ തന്നെ ഇപ്പൊ പ്രതിബിംബത്തിന് വരുന്ന ദോഷം ഇപ്പൊ ഈശ്വരൻ പ്രതിബിംബം എന്ന് പറഞ്ഞാൽ മായയിലുള്ള പ്രതിബിംബമാണെങ്കിൽ മായ നശിച്ചാൽ ഈശ്വരനും നശിക്കും അദ്വൈതയ്ക്ക് അതുകൊണ്ട് ബ്രഹ്മം നശിക്കാതിരുന്ന പേരെന്ത് നശിച്ചാലും പ്രശ്നമില്ല ആ വിവരണകാലം പ്രതിബിംബമാണ് ഭാവതികാരൻ അവച്ഛേദമാണ് അവച്ഛേദം എന്ന് പറഞ്ഞാൽ ഒരു സുഖമുള്ളത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ് ഘട അവനം പാത്രത്തിനുള്ളിലിരിക്കുന്ന ആകാശം സ്പേസ് പാത്രം അതിന്റെ അവച്ഛേദമായി അപ്പോ പാത്രത്തിന് എന്ത് സംഭവിച്ചാലും അത് ആകാശത്തെ ബാധിക്കില്ല പാത്രം ഉടയുകയോ പൊട്ടുകയോ എന്ത് വേണമെന്ന് ചെയ്യാം അതുപോലെ അന്ധക്കരണം മായ അവിദ്യ ഇതിനൊക്കെ എന്ത് സംഭവിച്ചാലും ശരി ഈശ്വരനും ജീവനും ഒന്നും ഒന്നും സംഭവിക്കുന്നില്ല കാരണം അതെല്ലാം അതിൻ്റെ അവച്ഛേദങ്ങളാണ് സ്പേസിലെങ്ങനെയാണോ ആകാശം സ്പേസ് അതിനെങ്ങനെയാണോ പാത്രം അവച്ഛേദമായിരിക്കുന്നത് എന്ന് വെച്ചാൽ അവിടെ അച്ഛേദം എന്ന് വെച്ചാൽ അതിനൊന്നും പരിമിതിപ്പെടുത്തുന്നു അത്രേയുള്ളൂ എന്നാൽ പ്രത്യേകിച്ച് പരിമിതി ഉണ്ടോ ഇല്ല നമുക്ക് പറയാൻ വേണ്ടി മാത്രമേ ഉള്ളൂ എന്താണ് ആകാശം പാത്രത്തിന്റെ അകത്തെന്ന് പറയും പറയാനേ പറ്റൂ കാരണം ആകാശം പാത്രത്തിന്റെ അകത്തും പുറത്തും എല്ലാം ഉണ്ട് അപ്പൊ പാത്രത്തിന്റെ അകത്തെ ആകാശം എന്ന് പറയാൻ പറ്റില്ല എന്നാലും നമുക്ക് പറയാം പാത്രത്തിന്റെ അകത്തെ ആകാശം അതുപോലെ അവച്ഛേദവാദത്തിനൊരു ഗുണമുള്ളതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവച്ഛേദെന്ന് പറയുന്നത് ആകാശത്തിന്റെ അവച്ഛേദകമായി പാത്രത്തെ എടുത്തു കഴിഞ്ഞാൽ പാത്രം നശിച്ചു കഴിഞ്ഞാൽ ആകാശത്തിനൊന്നും സംഭവിക്കില്ല പ്രതിബിംബവാദത്തിൽ മായയിലെ പ്രതിബിംബമാണ് ഈശ്വരം എടുത്തു കഴിഞ്ഞാൽ മായ നശിച്ച ഈശ്വരം നശിച്ചു അതുകൊണ്ട് ഭാവതികാരം സ്വീകരിച്ചിരിക്കുന്നത് കുറച്ചുകൂടി ബുദ്ധിപൂർവ്വമായിട്ട് അവച്ഛേദവാദമാണ് ഇപ്പൊ ജീവനെന്ന് പറയുന്നത് എന്താണ് ഒരു ചെറിയ പാത്രത്തിന്റെ ഉള്ളിലുള്ള ആകാശം ഈശ്വരൻ എന്ന് പറഞ്ഞാലും ഒരു വലിയ പാത്രത്തിന്റെ ഉള്ളിലുള്ള ആകാശം ഈ രണ്ട് പാത്രമോ അടഞ്ഞു പോയാലും ജീവനൊന്നും സംഭവിക്കില്ല അദ്വൈതമെന്ന് പറയുന്ന ഇങ്ങനെയുള്ള ചില യുക്തികളിലൂടെ ചില ഉദാഹരണങ്ങളിലൂടെയാണ് അദ്വൈതത്തെ സമർത്ഥിക്കുന്നതും ജീവൻ ഈശ്വരൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേറിതിരിക്കുന്നതും എല്ലാം ഇത്തരം യുക്തികളിലൂടെയാണ് അതിനുവേണ്ടിയിട്ടാണ് പ്രതിബിംബവാദവും അവേദവാദവും ഒക്കെ സ്വീകരിച്ചിരിക്കുന്നത് സൂര്യന്റെ പ്രതിബിംബം ഇങ്ങനെയാണ് അനേക ജലാശയങ്ങളിലുള്ളത് അതുപോലെ ബ്രഹ്മത്തിന്റെ പ്രതിബിംബം അനേക അന്ധകരണങ്ങളിലുണ്ടതാണ് ജീവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് ജീവൻ ബ്രഹ്മം ഈശ്വരൻ ഇതിനെയൊക്കെ വ്യത്യാസങ്ങള് പഴയകാലത്ത് അദ്വൈതികൾ പറഞ്ഞിരുന്നു ്രഹ്മെന്ന് പറയുന്ന ഒന്നിനെ സ്വീകരിക്കുന്നു പിന്നെ എല്ലാം പ്രതിബിംബങ്ങളാണ് പ്രതിബിംബവാദം എന്ന് പറയുന്ന വിവരണകാര് വിവരണകാരൻ എന്ന് പറയുന്നത് ബ്രഹ്മസൂത്രശാങ്കര ഭാഷത്തിന്റെ പഞ്ചപാതികളാഖ്യാനാണ് വിവരണം വിവരണകാരൻ വിവരണകാരൻ എന്ന് പറയും അതനുസരിച്ച് ആ പഞ്ചപാതികയെ തുടർന്ന് വരുന്നതിന് വിവരണ പ്രസ്ഥാനം എന്ന് പറയും അവരുടെ അഭിപ്രായം അനുസരിച്ച് പ്രതിമവാദമാണ് അങ്ങനെയാണോ സൂര്യന്റെ പ്രതിബിംബം അനേക ജലാശയങ്ങളുള്ളതുപോലെ അനേക അന്ധകരണങ്ങളിലാണ് എന്താണ് ഉള്ള പ്രതിബിമ്പമാണ് ജീവന്മാരും ബാമതി പരമ്പര ശരിയാവില്ല അതൊക്കെ പല പ്രശ്നങ്ങളുണ്ട് അവച്ഛേദമാതാണ് നല്ലത് ചെറിയ ഒരു പാത്രത്തിൻ്റെ അകത്തുള്ള ആകാശമാണ് ജീവൻ വലിയ പാത്രത്തിൻ്റെ അകത്തുള്ള ആകാശമാണ് ഈശ്വരൻ എല്ലാം ഓരോ കല്പനകൾ ഇതിലൊക്കെ ഇന്നെന്തെങ്കിലും കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു കഴമ്പില്ല എന്തോന്ന് പ്രതി ഒരുപാടൊക്കെ ഉണ്ട് ഏഹ് ഇതിലൊക്കെ എന്തോ കാര്യം ഉണ്ടെന്ന് ആലോചിച്ച പോകുമ്പോ ഇതൊക്കെ പഴയ കാലത് പറഞ്ഞ പോലും കഥകളൊന്നുണ്ടല്ലാതെ ഇതിനകത്തൊന്നും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല ഈ ബ്രഹ്മം എന്താണെന്ന് ആർക്കും അറിയത്തില്ല മനസിലായോ ബ്രഹ്മം എന്താണെന്ന് അറിയത്തില്ല പക്ഷെ അതിന്റെ പ്രതിബിംബമാണ് ഈ നടക്കുന്ന എല്ലാ സംഭവങ്ങളും പിന്നെ ഈ ബിംബം പ്രതിബിംബം എന്നൊക്കെ പറഞ്ഞിട്ട് ബ്രഹ്മം ഈശ്വരൻ ജീവൻ എന്നൊക്കെ പറയുന്നത് ഇന്നത്തെ കാലത്ത് അത്തരം വലിയ പ്രസക്തിയൊന്നുമില്ല പണ്ട് മനുഷ്യന് മറ്ററിവുകൾ ഇല്ലാതിരുന്നോണ്ടാണ് ഇതിനൊക്കെ ഒരു വില വന്നത് ഇന്ന് മനുഷ്യന് ഒരുപാട് അറിവുകളുണ്ട് ഇതിനൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അങ്ങനെയൊക്കെ കുറെ വാദങ്ങളുണ്ട് ഇപ്പൊ ബ്രഹീതരതിശായനെ വർത്തത് ബ്രഹ് ധാതു അർത്ഥം തന്നെ അതിശയമൊന്നും ആധിക്യം മുത്കർഷം അത്ഭുതം എന്നൊക്കെ അർത്ഥമുണ്ട് തച്ച ഈതം അതിശായനം അനവഛിന്നം അതിന് പരിമിതിയില്ല കാരണം വൃത്തി വലുത് എന്നൊക്കെ പറഞ്ഞാൽ അതിനൊരു പരിമിതിയുണ്ട് എത്ര വലുത് അത് താരതമ്യമുണ്ട് ഇതിനേക്കാൾ വലുതാണ് അത് അതിനേക്കാൾ വലുതാണ് മറ്റത് ഇങ്ങനെ പറയാം ബ്രഹ്മത്തെ സംബന്ധിച്ച് അങ്ങനെ പറയാൻ പറ്റില്ല അതിന് പരിമിതിയില്ല എന്നുവച്ചാൽ കൽപ്പനയിലൂടെ ഭാവനയിലൂടെ എല്ലാ കല്പനകളെയും നിഷേധിച്ച് നിഷേധിച്ച് കൽപ്പനക്കെല്ലാം അതീതമായ ഒരു കല്പന അതാണ് ബ്രഹ്മം എല്ലാ കല്പനകൾക്കും അതീതമായിട്ടുള്ള ഒരു കല്പനയാണെന്ന് പറയുന്നത് ബ്രഹ്മം അപ്പൊ അതിനേക്കാൾ വലുതൊന്നും പാടില്ല പദാന് പദാന്തരവഗമിതം ഇവിടെ പറഞ്ഞുണ്ടോ നിത്യശുദ്ധ ബുദ്ധ ഈ പദങ്ങളിലൂടെ അറിയാൻ പറ്റുന്നതാണ് വേദത്തിൽ പറയുന്നുണ്ട് അതുകൊണ്ട് പദാന്തര അവഗമിതം മറ്റു പദങ്ങളിലൂടെ അറിയാൻ പറ്റുകയാണ് ബ്രഹ്മ എന്ന് പറയുന്ന ഒരു പദത്തിലൂടെയല്ല മറ്റു പദങ്ങളിലൂടെയെല്ലാം അറിയാം നിത്യശുദ്ധം ബുദ്ധമെന്നൊക്കെ പറയുന്ന വാക്കുകളിലൂടെ ഈ ബ്രഹ്മത്തെ മനസ്സിലാക്കണമെന്നാണ് നിത്യശുദ്ധ നിത്യശുദ്ധി അസ്യനുജാനാദി അർത്ഥം ആ നിത്യശുദ്ധ ബുദ്ധത്വാദി നിത്യത്വം ശുദ്ധത്വം ബുദ്ധത്വം ഇതെല്ലാം എന്താണ് അസ്യ അഭ്യനുജാനാദി ഇതിന് നിത്യത്വം ശുദ്ധത്വം ബുദ്ധത്വം ഉണ്ടെന്ന് നമുക്ക് മനസിലാക്കാം മനസിലാക്കാം എങ്ങനെ ആദ്യം ബ്രഹ്മധാതുവിനെ നോക്കണം ബ്രഹ്മ ബ്രഹ്മത്തിന്റെ ധാതുവിനെ നോക്കണം ബൃഹുധാതു അതിന് മനസ്സിലാക്കുക ഇതൊരു വലിയ സാധനമാണ് പിന്നെ മറ്റു പദങ്ങൾ പറയുന്നുണ്ട് നിത്യത്വം ശുദ്ധത്വം തുടങ്ങിയ പദങ്ങളുണ്ട് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ എന്താണ് ഇത് അനവച്ഛിന്നാണ് ഇത് ഒരു പരിമിതി ഇല്ലാത്തതാണ് അപ്പൊ ഒരു പരിധി ഇല്ലാത്ത ഒരു ഉപാധി ഇല്ലാത്ത ഒന്ന് ഏറ്റവും വലുത് എന്ന് പറഞ്ഞാൽ അതിലും വലുത് അതിലും വലുത് എന്ന് പറഞ്ഞാൽ അതിലും വലുത് അങ്ങനെയുള്ള ഒന്നാണ് എന്ത് ബ്രഹ്മം അങ്ങനെയൊരു ബ്രഹ്മത്തെയാണ് വേദത്തിൽ പറഞ്ഞിരിക്കുന്ന അതിനാണ് ശങ്കരാചാര്യ പറയുന്നത് അപ്പോൾ ബ്രഹ്മം എന്താണെന്നൂടെ വ്യക്തമാക്കി ബ്രഹ്മം എന്താണെന്നൂടെ എങ്ങനെ വ്യക്തമാക്കി ബ്രഹ്മശബ്ദത്തിന്റെ അർത്ഥത്തിലൂടെയും സത്ത് ചിത്ത് തുടങ്ങിയ പദങ്ങളുടെ അർത്ഥത്തിലൂടെയും ഏറ്റവും വലുതാണെന്നും ഒരു പരിമിതിയില്ലാത്താണെന്നും ആയ ഒന്നും അങ്ങനെ ഒരു ഒന്നിനാണ് ബ്രഹ്മം എന്ന് പറയുന്നത് അതെന്താ സാധനം അങ്ങനെയൊന്നും ഉണ്ട് നിങ്ങളത് വിശ്വസിക്കുക അന്നേ പറയാൻ അതിനങ്ങനെ ഒന്നുണ്ടെന്ന് വിശ്വാസം അതാണ് ഈശ്വരനായിരിക്കുന്നത് അതാണ് ജീവനായിരിക്കുന്നത് അതുതന്നെയാണ് ഈ ലോകമായിരിക്കുന്നത് ഇതാണ് പറയുന്നത് മനസിലായോ തദൈവം തത് പദാർത്ഥത്തെ ശുദ്ധത്വാദേഹെ പ്രസിദ്ധിം അമിതായ ാണ് പദാർത്ഥ അഭി പ്രസിദ്ധി പ്രസിദ്ധി എന്ന് വെച്ച ആരോ തത്വമശീല തത്പഥത്തിന്റെ അർത്ഥമാണ് ഈ പറഞ്ഞത് എന്താണ് അത് ബൃഹത്വാണ് നിത്യമാണ് ശുദ്ധമാണ് ബുദ്ധമാണ് അനവഛിന്നമാണ് അപരിമിതമാണ് എന്ന് തത്വം വസീല് തവത്തിന്റെ അർത്ഥത്തെ പറഞ്ഞിട്ട് അത് അങ്ങനെ അതിനെ അറിയണമെന്നർത്ഥമാണ് അതിനെ പ്രസിദ്ധി എന്ന് പറഞ്ഞു ഇനി തൊമ്പദത്തിന്റെ അർത്ഥത്തെ എങ്ങനെ അറിയണം അതിന് പറയാൻ പോകും തദൈവം തത്പദാർത്ഥ്യ തത്പദത്തിന്റെ അർത്ഥമായ ശുദ്ധത്വാദികളുടെ അഭിദായെന്ന് വെച്ചാൽ അതിനെ വിശദീകരിച്ചിട്ട് തുമ്പദാർത്ഥി തുമ്പദാർത്ഥത്തിന്റെ പ്രസിദ്ധി അതിന്റെ ജ്ഞാനം അതിനെ വിശദീകരിക്കും എന്താണ് തുമ്പദാർത്ഥം സർവസി ആത്മത്വച്ച ബ്രഹ്മസ്തി അത് അന്വയിക്കേണ്ടത് ബാമതികാരൻ അന്വയിച്ചിരിക്കുന്നത് ബ്രഹ്മത്തിന്റെ അസ്ഥിത്വം അത് പ്രസിദ്ധമാണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം എന്നുള്ളതാണ് നിർത്തുന്നത് ബ്രഹ്മത്തിന്റെ അസ്തിത്വം എല്ലാവർക്കും അറിയാം എന്തുകൊണ്ട് ആത്മത്വ എല്ലാവരും ഞാൻ എന്നിങ്ങനെ അറിയുന്നുണ്ട് എല്ലാവരും ഞാൻ എന്നറിയുന്നതുകൊണ്ട് ബ്രഹ്മത്തെ എല്ലാവരും അറിയുന്നുണ്ട് സർവസ്യ എന്ന് പറയുന്നത് പ്രസിദ്ധിയോട് അന്വേഷിക്കണം സർവർക്കും അറിയാം സർവസ്യ ആത്മാവെന്നല്ല സർവസ്യ പ്രസിദ്ധി അങ്ങനെയാണ് അന്വേഷിക്കുന്നു അപ്പോ അഹം എന്നുള്ള ബോധം ഞാൻ എന്നുള്ള ബോധം എല്ലാവർക്കും ഉള്ളത് ബ്രഹ്മത്തെ എല്ലാവരും അറിയുന്നു എന്നാണ് പറയുന്നത് അപ്പൊ ബ്രഹ്മത്തെ അറിയാത്ത ആരുമില്ല ഇതാണ് ശങ്കരാചാര്യ പറയുന്നത് ബ്രഹ്മം എന്ന് പറയുന്നത് അനുഭവസിദ്ധമായ കാര്യമാണ് ബ്രഹ്മ അനുഭവം എന്ന് പറയുന്ന ഇതാണ് ബ്രഹ്മം എന്ന് പറയുന്ന ആർക്കാണ് അനുഭവം ബ്രഹ്മത്തെ കുറിച്ച് ആർക്കനുഭവർക്കും ഏതെങ്കിലും ഒരാളിന്റെ പ്രത്യേക അനുഭവം തന്നെ പറയുന്നത് സർവസ്യ പ്രസിദ്ധി സർവർക്കും ബ്രഹ്മത്തെ കുറിച്ച് പ്രസിദ്ധി എന്ന് വെച്ചാൽ വെറും അറിവല്ല വളരെ നിശ്ചയമായ അറിവുണ്ടെന്നാണ് എല്ലാവർക്കും സർവസ്യെന്ന് പറയുന്ന പാംസുല പാതകസ്യാന്ന് പറഞ്ഞ എന്താണ് ഹാലികൻ എന്ന് പറഞ്ഞാൽ എന്താണ് വിദ്യാഭ്യാസം ഇല്ലാത്തവൻ പണ്ഡിതനല്ലാത്തവനാണ് ഇങ്ങനെ പറയുന്നത് പാംസുല പാപ്സുക്കളുള്ള പാദത്തോടുകൂടിയവൻ പൊടി പിടിച്ച പാദങ്ങളോടുകൂടിയെന്ന് വെച്ചാൽ വയലിലും മറ്റും പണിയെടുക്കുന്നവൻ അധ്വാനിക്കുന്നവൻ ഹാലികൻ എന്നുവെച്ചു കഴിഞ്ഞാൽ ഒഴുന്നവൻ അലം കലപ്പ് അതുകൊണ്ട് പണിയെടുക്കുന്നവനാണ് ഹാലികൻ അപ്പോൾ വിദ്യാഭ്യാസമില്ല സ്കൂളിൽ പോയിട്ടില്ല പഠിച്ചിട്ടില്ല ബ്രഹ്മസൂത്രം പഠിച്ചിട്ടില്ല വേദം പഠിച്ചിട്ടില്ല സർവർക്കും ആത്മ നിശ്ചയമുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത് ഹാലിക ഫലത്തെ വഹിക്കുന്നവനാണവര് പാംസുലഹ പാദ്യ ആർക്കാണോ പൊടി പിടിച്ച പാദങ്ങളുള്ളത് പാംസുല പാദങ്ങൾ അപ്പോൾ ആരെയും ബ്രഹ്മസൂത്രം പഠിപ്പിക്കണ്ട ആർക്കും തത്വം ഉദ്ദേശിക്കുന്നുണ്ട് എല്ലാവർക്കും ബ്രഹ്മജ്ഞാനം ഉണ്ടെന്നാണ് പറയുന്നത് അപ്പൊ ശങ്കരായ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഇതെന്താണോ ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത് സർവമനുഷ്യർക്കും ഉണ്ട് ഇതാണ് ഗുരുവും പറഞ്ഞിരിക്കുന്നത് എന്താണോ അറുപതിന് ഇങ്ങനെ ആർക്കും ണം എന്നുവച്ച എല്ലാവർക്കും ബ്രഹ്മജ്ഞാനം ഉണ്ടെന്ന് അവരോട് പറഞ്ഞു കൊടുക്കണം എല്ലാവർക്കും അത് പറഞ്ഞു കൊടുക്കണം വെടിത്തു വരുന്നുണ്ട് എപ്പോഴും എപ്പോഴും പറയത്തു വല്ലപ്പോഴും അവധമേ പറയത്തും എല്ലാവർക്കും എന്ത് പറഞ്ഞു കൊടുക്കണം ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത് ബ്രഹ്മജ്ഞാനം ഉപദേശിക്കല്ലോ ചെയ്യേണ്ടത് കൊണ്ടല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും ബ്രഹ്മജ്ഞാനം ഉണ്ട് ആ കാര്യം അവർ മനസിലായി കൊടുത്താൽ മതി പറയുണ്ടോ എല്ലാവരും അറിയുന്നു അറിയുന്നു അതെ ർവേർക്കും ബ്രഹ്മജ്ഞാനം ഉണ്ട് എന്നുള്ളതാണ് ഇതിനാണ് പറയുന്നത് ആത്മാനുഭവം എല്ലാവർക്കും ഉണ്ടെന്ന് പറയുന്നു സിദ്ധാന്തം ശങ്കരാചാര്യെന്ന് പറയും എല്ലാവരും ആത്മജ്ഞാനികളാണ് അനുഭവശാലികളാമിത് ഓർക്കൽ ആരും എല്ലാവർക്കും അനുഭവം ഉണ്ടെന്നാണ് പറയുന്നത് സെറുകർക്കും പിന്നെ എല്ലാവർക്കും ആത്മജ്ഞാനമുണ്ട് പക്ഷെ നേരത്തെ പറഞ്ഞു എന്താണ് എല്ലാവർക്കും ആത്മബോധമുണ്ട് പക്ഷെ സംശയങ്ങൾ കടന്നു വരും അതിന് സംശയങ്ങൾ ആൾക്കാർ ആത്മബോധം ഉണ്ടായതും എന്തിനും എന്താണ് ആത്മാവ് സംശയം വരുമ്പോഴാണ് പിന്നെ ഈ ശാസ്ത്രങ്ങളും അത് ഇതൊക്കെ അല്ലെങ്കിൽ എല്ലാവരും അനുഭവശാലികളായത് പിന്നെ അതികൂഡൽ എന്താ പറയുന്നത് ആണ് പറയുന്നതും ഗുരു പറയുന്നതും ഒരേ കാര്യം തന്നെ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശങ്കരായ ആത്മാഅനുഭവം എന്ന് പറയുന്നത് സർവർപ്പുള്ള ആത്മാനുഭവത്തെയാണ് അതെന്നെ വിശദീകരിക്കാൻ പോകും സമാധിയൊന്നും വേണ്ട ഏന്തിനാ സമാധി പാംസില പാതകനും ഹാലികനും ആത്മാവിനെ അറിയുന്നു എന്ന് പറഞ്ഞാൽ എന്തോ സമാധി അതുകൂടെ ചർച്ച ചെയ്യുന്നുണ്ട് ഇത്തരം കാര്യമൊന്നും ചർച്ച ചെയ്യുന്നില്ല എല്ലാവർക്കും ആത്മാനുഭവ എല്ലാ വ്യക്തികൾക്കും ഉണ്ട് ഓരോ വ്യക്തികൾക്കും ഉണ്ട് വ്യക്തിയൊന്നിഷ്ടമായി തന്നെ അറിയുന്നു ഞാൻ റിയുന്നത് പിന്നെ പറഞ്ഞു എന്നാലും അതിന്റെ വിശേഷത്തെ കുറിച്ച് ആൾക്കാർക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അതൊക്കെ സംഭവിക്കാം എങ്ങനെയുള്ളതാണ് ആത്മാവ് അണുവാണോ എന്താണെന്ന് എല്ലാവർക്കും ആത്മാനുഭവം ഉണ്ട് എന്നുള്ളൊരു തർക്കമില്ല ശങ്കരാ ആ ഒരു വിഷയം കൂടെ ചർച്ച ചെയ്ത മുമ്പോട്ട് വരും ഭാവനികാരൻ അതൊക്കെ പറയും ഇപ്പൊ ഇത്രയാണ് പറയുന്നത് എന്താണോ എല്ലാ മനുഷ്യരും സാക്ഷാത് അനുഭവശാലികളാം ഇതോർക്കില്ലായിരുന്നു അതിന്റെ മുമ്പിൽ എന്താണ് അതിന്റെ മുൻഭാഗം ഒന്നാമത്തെ ൊയോണ്ട് അണുഅവും നാസ്തി പറയാ നോക്കിട്ട് പറയാന്ന് അറിഞ്ഞിട്ട് വീടോ നോക്കാൻ സ്വയം നോക്കി എത്രാവ സ്റ്റോ സ്വാസിക ില്ല സാക്ഷാല് കോശാലും ആരും തലുവിൽ അമർന്ന ശരി തലു ശരി സാക്ഷാധ കോശാരി ശരീരി തന്റെ സർവം തനുതയൊഴിച്ച് ധരിച്ചാൽ അനുഭവം സാക്ഷാൽ അനുഭവശാലികളാം ഇതോർക്ക് ഇത് ചിന്തിക്കുകയാണെങ്കിൽ ആരും സാക്ഷാത് അനുഭവശാലികളാം എല്ലാവരും സാക്ഷാത് അനുഭവമുള്ളവരാണ് എല്ലാവരും തന്റെ സത്യം അറിയുന്നുണ്ട് തനത ഒഴിച്ച് സത്യയെ വേറെ തിരിച്ചറിയുന്നുണ്ട് ജഡത്തിൽ നിന്ന് വേറെ തിരിച്ച് തന്റെ സത്യം എല്ലാവരും അറിയുന്നുണ്ട് അഹമെന്ന് ഈ പറയുന്നത് തന്നെയാണ് ഇവിടെ പറയുന്ന തന്നെയാണ് പറയുന്നത് അപ്പൊ ഈ അനുഭവം ജഡത്തിൽ നിന്ന് വേറെ തിരിച്ച് തന്നെ അറിയുന്ന അനുഭവം അഹം എന്നറിയുന്ന ഈ െക്കുറിച്ച് ചിന്തിച്ചാൽ മനസ്സിലാവും എല്ലാവരും അനുഭവശാലികളാണ് തനിത ഒഴിച്ചെന്ന് വെച്ചാൽ തനിതാന്ന് വെച്ചാൽ ശരീരഭാവം അത് വിട്ടിറ്റ് തന്നെ അറിയാമെന്ന് വെച്ചാൽ ഞാനെന്നറിയുക അങ്ങനെ അറിയുമ്പോൾ ആ ഞാൻ ആരാണ് അതാണ് ആത്മാവ് ഇവിടെ പറയുന്ന അതേ കാര്യം തന്നെ പറഞ്ഞ അതേ ഓരോരുത്തർ വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയെന്നൊന്നും എനിക്കറിയത്തില്ല സംഗതി ശമ്പളാണ് ആരും അനുഭവശാലികളാണെന്ന് എല്ലാവരും അനുഭവമുള്ളത് എന്തുകൊണ്ട് അഹോഅഹമെന്ന് അറിയുന്നു കൂടി അത് തന്നെ പറയുന്നു ബ്രഹ്മസ്തില്ലാവരും ആത്മാവിനെ അറിയുന്നു പറയുന്നത് എങ്ങനെയാ കുത എന്തുകൊണ്ട് ആത്മത്വ അത് ഹേതുവാണ് ആത്മത്വ എന്ന് പറയുന്ന ഹേതുവിനെ സർവസ്യ ബ്രഹ്മ അസ്തിത്വപ്രസിദ്ധി ആത്മത്വ എന്നറിയണം സർവർക്കും ബ്രഹ്മസ്തിത്വ പ്രവൃത്തിയുണ്ടെന്ന് ഓരോരുത്തരും ആത്മാവായത് കൊണ്ട് സർവരും ആത്മാവായത് കൊണ്ട് സർവരും ആത്മാവായതുകൊണ്ടാണ് അതെങ്ങനെ ഏത ദൈവസ്പുടയിലേ അക്കാര്യം വ്യക്തമാക്കുന്നു ഭാഷ്യകാരൻ പറയുന്നു ഇതാണ് ഭാഷ്യകാരൻ ആത്മാവുണ്ട് എന്ന് പറയുന്നതിനുള്ള ഒരു പ്രബലമായ സർവോഹി ആത്മാസ്തിവം പ്രത്യേകിരി സർവരും ആത്മാസ്തി അറിയുന്നു ഇതാണ് ഗുരുവും പറഞ്ഞെന്താണ് അതെത് അതെ ഇതെൻറെതെന്ന് സർവം തനുത ഒഴിച്ച് ധരിച്ചിടുന്നു സാക്ഷാത് അനുഭവശാലികളാന്ന് പറഞ്ഞിരിക്കുന്നതാണ് തുടക്കം എങ്ങനെയാണ് ശരീര തന്റെ സത്താ തനുവിൽ എന്ന് പറയുന്നതാണ് അതെൻ്റെ ഇതെന്റന്ന് സർവം തനവ് അവിടെ ആ സത്തയെ കുറിച്ചാണ് പറയുന്നത് ഇവിടെ അതാണ് പറയുന്നത് എന്ത് സർവോഹി ആത്മാസ്തിത്വം പ്രത്യേകി ആത്മാസ്തിർവരും അറിയുന്നു ഈ ആത്മാഅസ്തിത്വത്തെ ആത്മാവിന്റെ അസ്തിത്വം എന്ന് വെച്ചാൽ ആത്മാവിന്റെ ഉമ്മ സർവരും ആത്മാവിനെ അറിയുന്നു ചുരുക്കം സർവ അത് കൃഷിക്കാരനായക്കൊട്ടെ പണ്ഡിതനായിക്കൊട്ടെ പാമരനായ്ക്കളുടെ എല്ലാവർക്കും ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയും സർവോഹി ആത്മാഅസ്തിത്വം പ്രത്യേകി അനുഭവശാലികളാമിതോർക്കൽ എല്ലാവരും ആത്മാഅസ്തിത്വത്തെ അറിയുന്നു എന്ന് വെച്ചാൽ ആത്മാവിനെ അറിയാത്തതായിട്ട് ഇവിടെ അറിയില്ല അതെങ്ങനെ പറഞ്ഞ് എല്ലാവരും ആത്മാവ് അറിയുന്നു അതാണ് പറഞ്ഞത് അസ്മീതി അഹം നസ്മീതി ഞാനില്ലെന്നാരും അറിയുന്നില്ല തിരിച്ചു പറയുന്നു ഞാൻ ഉണ്ടെന്ന് അറിയുന്നു എന്നല്ല പറയുന്നു മറിച്ച് എന്താണ് ഞാനില്ല എന്നാലും അറിയുന്നില്ല അപ്പൊ ഉണ്ടെന്നറിയുന്നതാണ് ആദ്യം പറഞ്ഞ ആത്മാഅസ്തിത്വം പ്രത്യേകി ഞാൻ ഉണ്ട് എല്ലാവരും അറിയുന്നുണ്ട് അപ്പോ ഞാനുണ്ട് എന്നുള്ള ഒരു അനുഭവം സർവർക്കും ഉണ്ട് സർവ്വ മനുഷ്യർക്കും ഞാനുണ്ട് എന്നുള്ള അനുഭവം ഈ ഉണ്ട് ഉണ്ട് എന്നറിയുന്നതിന് അതാണ് ആത്മാവ് ഇതാണ് ശങ്കരാചാര്യരുടെ വാദം എന്തുകൊണ്ട് ആത്മാവ് പറയുന്നത് ഒരു വ്യക്തിക്ക് പോലും ഈ അനുഭവത്തിൽ മാറ്റമില്ല എങ്ങനെ ഞാൻ ഉണ്ട് എന്ന് പറയുന്ന അനുഭവം ഞാനില്ലെന്ന് ആരും അറിയുന്നില്ല അപ്പൊ സർവ്വരും ഞാനുണ്ട് എന്നറിയണമെങ്കിൽ സർവ്വരുടെ ഉള്ളിലും ഉണ്ട് എന്നറിയുന്നതിന് കാരണമായ എന്തോ ഒന്നുണ്ട് അതാണ് അപ്പം ഉണ്ട് എന്നുള്ള ഈ അനുഭവത്തിന് കാരണമായി സർവറിനുള്ളിൽ വന്നിരിപ്പുണ്ട് എന്താണ് അത് എന്താണ് അതാണ് ബ്രെയിൻ അതിനെക്കുറിച്ച് ചന്ദ്രറിയത് ഇവിടെയാണ് കളി കിടക്കുന്നത് കളി മാറിപ്പോയത് ഇവിടെയാണ് അഹം എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ബ്രെയിൻ ഉണ്ടാക്കുന്ന ഒരു മോഡലാണ് നമ്മുടെ ഈ സിസ്റ്റത്തെ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി ബ്രെയിൻ ഉണ്ടാക്കിയ ഒരു മോഡലാണ് എന്താ അഹം പ്രപഞ്ചത്തെ കുറിച്ച് ഒരു മോഡൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതൊക്കെ ഇങ്ങനെ ഈ കാണുന്നൊരു അതുപോലെ നമ്മുടെ ഉള്ളിൽ ഈ ശരീരത്തെ കാരണം ബ്രെയിൻ ഇരിക്കുന്ന ശരീരത്തിന്റെ ഉള്ളിൽ ഇവിടെയല്ലേ ഇത് ഡെവലപ്പ് ചെയ്ത് ഇതിന്റെ ഉള്ളിൽ എന്ത് ചെയ്യുന്നു ഇതിനെ അറിയാൻ വേണ്ടിട്ട് ഈ സിസ്റ്റത്തെ അത് പ്രവർത്തിപ്പിക്കുകയല്ലേ അതിനെ കണ്ട്രോൾ ചെയ്യേ അതിനു വേണ്ടിട്ട് മോഡലുണ്ടാക്കിയാണ് എന്ത് അഹം ഞാൻ അത് ഈ ശരീരത്തിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കണം എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തെ ബാഹ്യമായ അറിയുന്നു അത് ബാഹ്യമ്മ അറിയുന്നതും ബ്രെയിൻ ഉണ്ടാക്കിയ ഒരു മോഡലാണ് ഉള്ളിൽ ഞാനെന്നറിയുന്നതും ബ്രെയിൻ ഉണ്ടാക്കിയ ഒരു മോഡലാണ് അവിടെ എന്താണ് ആത്മാവെന്ന് പറയുന്ന ഒരു സാധനം ഇരുന്നിട്ടല്ല അഹമെന്നുള്ള അനുഭവം ഉണ്ടാകുന്നുവെന്ന് ആര് പറയുന്നു ന്യൂറോ സയൻസ് പറയുന്ന കാര്യം ഇത് പറയുമ്പോ അതോടെ ഓർക്കണം മനസിലായ ന്യൂറോ സയൻസിന്റെ മറുപടി ഇതാണ് പക്ഷെ ശങ്കരാചാര്യർ പറയുന്നത് എന്താണ് അഹമെന്നുള്ള അനുഭവം എല്ലാവർക്കും ഉണ്ട് ആരും ഞാനില്ലാന്നാരും പറയുന്നില്ല എല്ലാവരും ഉണ്ടെന്ന് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആ അനുഭവത്തിന് ആധാരമായി എല്ലാവരുടെ ഉള്ളിലും ഒരു സാധനം ഇരിപ്പുണ്ട് അതിന്റെ പേരാണ് ആത്മാവ് അത് ആത്മാവ് ഒന്നേ ഒന്ന് എന്ന് ശങ്കരായര് പറയും അല്ലാതെ പലതാണെന്ന് മറ്റുള്ളവർ പറയും ഓരോരുത്തരുടെ ശരീരത്തിൽ നിന്നും ഓരോ ആത്മാവ് വേറെ വേറെ എന്നാണ് ദ്വൈതികൾ പറയുന്നു ശങ്കരായര് പറയുന്നെന്താണ് എല്ലാവരുടെ ഉള്ളിലും ഇരിക്കുന്നത് ഒരേ ഒരാത്മാവാണ് ഇതാണ് രണ്ടുപേരും പറയുന്നതിനുള്ള വ്യത്യാസം അപ്പോ പഴയ ദാർശനികന്മാരെല്ലാവരും ആത്മാവിന് ഉണ്ടെന്ന് സമർത്ഥിക്കുന്നത് ഈ ഒരു യുക്തിയിലൂടെയാണ് എന്താണ് യുക്തി സർവമനുഷ്യരും ഞാനെന്നറിയുന്നു ഈ അനുഭവത്തിനെന്താ മാറ്റം അവര് സാമാന്യ വ്യക്തിയാണ് ഇപ്പൊ ഈ പുസ്തകം കൊണ്ടു കഴിഞ്ഞാൽ എല്ലാവരും പുസ്തകം എന്നറിയുന്നു എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് പുസ്തകം എന്നറിയുന്നത് എല്ലാരും പുസ്തകം എന്നറിയുന്നു എന്താ കാരണം അതായത് പുസ്തകം നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന അറിവ് ഒരു വിഷയമുണ്ട് ആ വിഷയം പുസ്തകമാണ് ആ വിഷയത്തിനനുസരിച്ചാണ് നമുക്കറിവുണ്ടാകുന്നത് ഇത് മേശ നമ്മുടെ അറിവിന്റെ വിഷയമാണെന്ത് മേശയ്ക്കനുസരിച്ചാണ് നമുക്ക് അറിവുണ്ടായത് എങ്ങനെ മേശ പുസ്തകം ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചു അങ്ങനെയാണെങ്കിൽ ഞാനെന്നൊരു അറിവുണ്ടാകും അപ്പോൾ ആ അറിവ് ആധാരമായിട്ട് എന്തെങ്കിലും വേണ്ടേ അതാണ് പിന്നെ അത് എല്ലാവർക്കും ഇതിപ്പോ ഇത് മേശ ഇത് പുസ്തകം അറിവും മാറി മാറി വരുന്നു കാരണം ഇത് രണ്ടും വേറെ വേറെയാണ് അപ്പൊ വിഷയം മാറിക്കഴിഞ്ഞാൽ അറിവും മാറും പത്ത് പുസ്തകം നിരക്കി വെച്ചു കഴിഞ്ഞാൽ പത്ത് പുസ്തകത്തിനും പുസ്തകം എന്നുള്ള അറിവുണ്ടാകും അതിന്റെ ഇടയ്ക്ക് ഒരു പേന വെച്ചു പുസ്തകം പേന അറിവ് മാറും അപ്പൊ അറിവ് മാറുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് വിഷയം മാറുന്നു പക്ഷെ ഞാൻ എന്നുള്ള അനുഭവം എല്ലാ മനുഷ്യരിലും ഒന്നുപോലെ ഇരിക്കുന്നുണ്ടെങ്കിൽ എല്ലാ മനുഷ്യരുടെയും ഈ അറിവിന് വിഷയമായിട്ട് ഒരേ ഒരു വസ്തു എരിപ്പുണ്ട് അതെന്താണ് അതാണ് ആത്മാവ് ഇതാണ് ശങ്കരാചാര്യ യുക്തി മനസിലായോ ന്യൂറോ സയൻസ് എന്താ പറയുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും ബ്രെയിൻ എരിപ്പുണ്ട് ആ ബ്രെയിൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു ഓരോ അറിവിനെ കൺസ്ട്രക്ട് ഓരോ അറിവിനെ സൃഷ്ടിക്കുന്നു അപ്പം നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളുടെ ശരീരത്തിൽ ആ ബ്രെയിന് നിങ്ങളുടെ ശരീരത്തിൽ അതിന് പല പ്രവർത്തനങ്ങളെയും അത് നിയന്ത്രിക്കുന്നുണ്ട് നിങ്ങളുടെ ശരീരത്തിന്റെ എല്ലാ ഈ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ എന്തു ചെയ്യുന്നു അത് ഒരു ബോധത്തെ സൃഷ്ടിക്കുന്നു ആ ബോധത്തെ ഞാൻ എന്ന് പറയുന്നു ഇത് എങ്ങനെയൊക്കെ സൃഷ്ടിക്കുന്നു എന്നു വെച്ചാൽ അതിന്റെ കൃത്യമായ എല്ലാ വിവരങ്ങളും ഇതുവരെ ന്യൂറോ സയൻസിനും മനസ്സിലായിട്ടില്ല അത് വേറൊരു കാര്യം പക്ഷെ അവർക്ക് മനസ്സിലായൊരു കാര്യം എന്താണ് നിങ്ങളുടെ ഈ ബ്രെയിനെന്തെങ്കിലും തകരാറ് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ എന്ന് പറയുന്ന ബോധത്തിന്റെ സൃഷ്ടി ഇല്ലാതാവും എന്താണ് അക്ഷിമേഴ്സ് രോഗം വന്നു കഴിഞ്ഞാല് പിന്നീട് ഞാൻ എന്നുള്ള ബോധമില്ല എന്തുകൊണ്ട് തകരാറ് പറ്റി അപ്പൊ ബ്രെയിന് തകരാറ് കിട്ടി കഴിഞ്ഞ പിന്നെ ഞാനൊന്നറിയാൻ പറ്റത്തില്ല ഞാൻ നീ അങ്ങനെയൊന്നും തിരിച്ചറിയത്തില്ല അപ്പൊ അതിന് എന്ത് മനസിലാക്കാം ബ്രെയിന് ശരിയായി പ്രവർത്തിച്ചാൽ ഞാനെന്നുള്ള ബോധം ഉണ്ടാകും ബ്രെയിന് കേടുവന്നാൽ ഞാനെന്നുള്ള ബോധം ഉണ്ടാകത്തില്ല അതുകൊണ്ട് ഞാൻ എന്നുള്ള ബോധം ഉണ്ടാകുന്നവരാണ് ബ്രെയിനാണ് എവിടെ ഉണ്ടാക്കുന്നു ഈ ശരീരത്തിൽ ഉണ്ടാക്കുന്നു അപ്പൊ അവര് ക്ഷൻ ആണ് ബ്രെയിൻ്റെ കൺസ്ട്രക്ഷൻ ആണ് പറയുന്നു ന്യൂറോ സയൻസ് അപ്പൊ ആത്മാവ് എന്താ അപ്പൊ ആത്മാവ് എവിടെയാണ് ആത്മാവ് ചുമ്മാ ഒന്നുമില്ല ആത്മാവുമില്ല ബ്രഹ്മവും ഇല്ല ഒന്നുമില്ല ചുമ്മാ പറയുന്നു ആരെങ്കിലും പറഞ്ഞാ അക്സെപ്റ്റ് ചെയ്യാം ഓരോ ഇതൊക്കെ ഓരോരുത്തരുടെ കാഴ്ചപ്പാട് പറയല്ലേ അക്സെപ്റ്റ് ചെയ്യാനോ നിഷേധിക്കാനോ പറയുന്നതല്ല നൂറോ സൈന്യങ്ങനെ പറയുന്നു മറ്റവർ അങ്ങനെ പറയുന്നു പറയാണ് മനസിലായോ ിൽ ശാസ്ത്രങ്ങളിൽ ഇങ്ങനെ പറയുന്നു നിങ്ങൾ ഇത് പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് ജീവിച്ചിരിക്കുന്നോണ്ട് മനസിലായോ നിങ്ങൾ ആധുനിക മനുഷ്യന്റെ ഉപ്പും ചോറുമാണ് തിന്നുന്നൂടെ ഓർത്തോ അപ്പമാരുടെ അല്ല ആധുനിക മനുഷ്യന്റെ അപ്പൊ അവരുടെ ചിന്തകളും മനസിലാക്കിയിരിക്കണം അതിനും ഒരു അത് മനസ്സിലാക്കേണ്ട ഒരു ബാധ്യതയുണ്ട് ഓ പണ്ഡി ശങ്കരായ പറഞ്ഞ എന്താണ് ഇന്ന് പറയുന്ന എന്താണ് മനസ്സിലായിരിക്കണം നിങ്ങള് നിങ്ങളുടെ അംഗീകാരം ഏത് ദാക്ഷിന് വേണം അതൊന്നും ആർക്കും വേണ്ട അതൊന്നും ഒരു മനുഷ്യനും വേണ്ട അംഗീകാരവും അംഗീകാരം ഇതായിരിക്കേ എന്നൊന്നും ആവശ്യമില്ല പിണറായിയുടെ ഭാഷ പറഞ്ഞ ഏത് ദാക്ഷിന് വേണം പിണറായിയുടെ ഭാഷ എന്ന് പറയുന്ന പോലെ അതിലൊന്നും ഒരു കാര്യമില്ല രണ്ടും മനസിലാക്കുക അത്രേ ഉള്ളു പിന്നെ ഏത് വേണം സ്വീകരിക്കാം എന്നാഷ് വേണം സ്വീകരിക്കാം ഒരു കുഴപ്പമില്ല അതൊക്കെ അവരോട് ഇഷ്ടം സംഗതി ഇങ്ങനെ വേണം അതുകൊണ്ട് ശങ്കരാചാര്യ എന്താണ് എല്ലാവരും ഞാനുണ്ടെന്ന് അറിയുന്നു അതുകൊണ്ട് എല്ലാവരും ആത്മാവിനെ അറിയുന്നു ഞാനില്ല എന്നും അറിയുന്നില്ല അതുകൊണ്ട് ആത്മാവുണ്ട് സിമ്പിൾ ഈ ഈ പറയുന്ന ഈ ഒരു കാര്യം വെച്ചുകൊണ്ട് ഇത്രയും ശങ്കരാചരുടെ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനം ഇവിടെ കിടക്കയാണ് ഇത് വെച്ചുകൊണ്ട് ആയിരക്കണക്കിന് ലക്ഷങ്ങള് പുസ്തകങ്ങളെഴുതി മറിച്ചത് യിരക്കണക്കിന് പുസ്തകങ്ങളാണ് രീതിയിൽ ലോകത്തെ പല ഭാഷയില് എത്ര പേരാണ് അദ്വൈതം പ്രസംഗിച്ചു നടക്കുന്നത് എത്ര പേരാണ് ലോകത്തെത്ര ഗുരുക്കന്മാരുണ്ടായി ഈയൊരു കാര്യം ശങ്കരായ സ്വാധീനമെന്ന് ആലോചിച്ചു ലോകത്ത് നൂറുകണക്കിന് ഗുരുക്കന്മാരുണ്ടായി ഇവരൊറ്റ വാക്യത്തിൽ നിന്നാണ് ഇതൊരു നിസാര കാര്യമുണ്ട് അങ്ങനെ ആർക്കും തള്ളിക്കളയാൻ പറ്റത്തില്ല നിങ്ങളുമൊക്കെ പുറത്തുപോയി ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടച്ചിലുള്ള കാശിപ്പഴും കിട്ടും കൊറേ കാലം കൂടെ കിട്ടും അത് കഴിഞ്ഞ പിന്നെ കിട്ടില്ല ഒന്ന് രണ്ട് തലമുറയൊക്കെ ചെറുപ്പം അത് കഴിഞ്ഞാൽ പിന്നെ ഇതുകൊണ്ട് ജീവിക്കാമെന്ന് ഇന്നും ഇതിനൊക്കെ എന്ത് ഡിമാൻഡാണെന്നറിയാ ഇവിടെയാണ് ശങ്കരായർ പറഞ്ഞു വെച്ചത് ചെറിയ കാര്യമല്ലെന്ന് മനസിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു ചിന്തിച്ചു പോകണം ഇതിന്റെ വ്യാപ്തി അത്രയുണ്ട് ആയിരക്കണക്കിന് മനുഷ്യരാണ് ഇത് പറഞ്ഞ് ഇന്നും ജീവിക്കുന്നത് ഇത്രയും കാലം ജീവിച്ചത് ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ആൾക്കാർ പൂർണ കുംഭം തരും കഴുത്തിൽ കൊണ്ടുവന്ന് മാലയിടും എന്തിനോണ്ടോ കാര്യത്തോട്ട് തോന്നു എന്തൊക്കെയാ സൗകര്യങ്ങളും അത് തന്നെ ഞാൻ പറഞ്ഞത് നമ്മളാരണം തോന്നും നമ്മളാരോ എന്തൊക്കെയായെന്ന് ഇതിന്റെ അടിസ്ഥാനതായി കിടക്കുന്നു ഇവിടെയാണ് കിടക്കുന്നു ധർമ്മസൂത്രത്തിൽ ഇവിടെ കിടക്കുന്നു അതുകൊണ്ട് ഇത് എന്ത് വേണം എല്ലാം ശങ്കരാചാര് എത്ര പൂജിച്ചാലും മതിയാകത്തില്ല ശങ്കരാചാര് എത്ര മാല കിട്ടാനും എത്ര പൂർണകുമ്പം കൊടുത്താനും മതിയാകത്തില്ല ഇവരൊറ്റ വരി ശങ്കരായ ആത്മാവുണ്ടെന്ന് സമർത്ഥിച്ചു ശരി number of actors